ായം ഇരുപത്തി ആറ് തിരുനിവാസത്തെ പിരിച്ച പഞ്ഞുനൂൽ നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പുനൂൽ എന്നിവ കൊണ്ടുണ്ടാക്കിയ പത്ത് മൂടുശീല കൊണ്ട് തീർക്കേണം നെയ്ത്തുകാരന്റെ ചിത്രപ്പണിയായ കെരൂപുകൾ ഉള്ളവയായി അവയെ ഉണ്ടാക്കേണം ഓരോ മൂടുശീലയ്ക്ക് ഇരുപത്തെട്ട് നീളവും ഓരോ നാല് മുഴം വീതിയും ഇങ്ങനെ മൂട്ശീലയ്ക്കെല്ലാം ഒരളവ് ആയിരിക്കണം അഞ്ച് മൂടുശീല ഒന്നോടൊന്ന് ഇണച്ചിരിക്കണം മറ്റേ അഞ്ച് മൂടുശീലയും ഒന്നോടൊന്ന് ഇണച്ചിരിക്കണം ഇങ്ങനെ ഇണച്ചുണ്ടാക്കിയ ഒന്നാമത്തെ വിരിയുടെ അറ്റത്തുള്ള മൂടുശീലയുടെ വിളിമ്പിൽ നീല നൂൽ കൊണ്ട് കണ്ണിയുണ്ടാക്കണം രണ്ടാമത്തെ വിരിയുടെ പുറത്തെ മൂടുശീലയുടെ വിളിമ്പിലും അങ്ങനെ തന്നെ ഉണ്ടാക്കണം ഒരു മൂടുശീലയിൽ അമ്പത് കണ്ണി ഉണ്ടാക്കണം രണ്ടാമത്തെ വിരിയിലുള്ള മൂടുശീലയുടെ വിളിമ്പിലും അമ്പത് കണ്ണി ഉണ്ടാക്കണം കണ്ണി നേർക്കുനേരെ ആയിരിക്കണം ൊണ്ട് അമ്പത് കൊളുത്തും ഉണ്ടാക്കേണം തിരുനിവാസം ഒന്നായിരിക്കാൻ തക്കവണ്ണം മൂടുശീലകളെ കൊളുത്തുകൊണ്ട് ഒന്നിച്ച് ഇണക്കേണം തിരുനിവാസത്തിന്മേൽ മൂടുവിരിയായി കോലാട്ടുരോമം കൊണ്ട് മൂടുശീല ഉണ്ടാക്കേണം പതിനൊന്ന് മൂടുശീല വേണം ഓരോ മൂടുശീലയ്ക്ക് മുപ്പത് മുഴം നീളവും ഓരോ മൂട് ശീലയ്ക്ക് ീതിയും ഇങ്ങനെ മൂടുശീല പതിനൊന്നിനും ഒരളവ് ആയിരിക്കണം അഞ്ചു മൂടുശീല ഒന്നായും ആറ് മൂടുശീല ഒന്നായും ഇണച്ച് ആറാമത്തെ മൂടുശീല കൂടാരത്തിന്റെ മുൻവശത്ത് മടക്കിയിടണം ഇണച്ചുണ്ടാക്കിയ ഒന്നാമത്തെ വീതിയുടെ അറ്റത്തുള്ള മൂടുശീലയുടെ വിളിമ്പിൽ അമ്പത് കണ്ണിയും രണ്ടാമത്തെ വിരിയിലെ മൂടുശീലയുടെ വിളിമ്പിൽ അമ്പത് കണ്ണിയും ഉണ്ടാക്കണം താമ്രം കൊണ്ട് അമ്പത് കൊളുത്തുമുണ്ടാക്കി കൊളുത്ത് കണ്ണിയിലിട്ട് കൂടാരം ഒന്നായിരിക്കണം ഇണച്ചുകൊള്ളണം മൂടുവിരിയുടെ മൂടുശീലയിൽ മിച്ചമായി കവിഞ്ഞുകിടക്കുന്ന പാതി മൂടുശീല തിരുനിവാസത്തിന്റെ പിൻവശത്ത് തൂങ്ങിക്കിടക്കണം മൂടുവിരിയുടെ മൂടുശീല നീളത്തിൽ ശേഷിപ്പുള്ളത് ഇപ്പുറത്ത് ഒരു മുഴവും അപ്പുറത്ത് ഒരു മുഴവും ഇങ്ങനെ തിരുനിവാസത്തെ മൂടേണ്ടതിന് അതിന്റെ രണ്ട് പാർശ്വങ്ങളിലും തൂങ്ങിക്കിടക്കണം ചുവപ്പിച്ച ആട്ടുപൊറ്റൻ തോൽക്കൊണ്ട് മൂടുവിരിക്ക് ഒരു പുറമൂടിയും അതിന്റെ മീതെ തഹശു തോൽക്കൊണ്ട് ഒരു പുറമൂടിയും തിരുനിവാസത്തിന് ഖതിരമരം കൊണ്ട് നിവരെ നിൽക്കുന്ന പലകകളും ഉണ്ടാക്കണം ഓരോ പലകയ്ക്ക് പത്തുമുഴം നീളവും ഒന്നര മുഴം വീതിയും ഉണ്ടായിരിക്കണം ഓരോ പലകയ്ക്ക് ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്ന രണ്ട് കുടുമ ഉണ്ടായിരിക്കണം തിരുനിവാസത്തിന്റെ പലകയ്ക്ക് അങ്ങനെ തന്നെ തിരുനിവാസത്തിന് പലകകൾ ഉണ്ടാക്കണം തെക്കുവശത്തേക്ക് ഇരുപത് പലക ഇരുപത് പലകയ്ക്കും താഴെ വെള്ളികൊണ്ട് നാൽപ്പത് ചുവട് ഒരു പലകയുടെ അടിയിൽ രണ്ട് കുടുമയ്ക്ക് രണ്ടു ചുവടും മറ്റൊരു പലകയുടെ അടിയിൽ രണ്ട് കുടുമയ്ക്ക് രണ്ട് ചുവടും ഇങ്ങനെ ഇരുപത് പലകയുടെയും അടിയിൽ വെള്ളികൊണ്ട് നാൽപ്പത് ചുവട് ണം തിരുനിവാസത്തിന്റെ മറുപുറത്ത് വടക്കുവശത്തേക്ക് ഇരുപത് പലകയും ഒരു പലകയുടെ താഴെ രണ്ടു ചുവട് മറ്റൊരു പലകയുടെ താഴെ രണ്ട് ചുവട് ഇങ്ങനെ അവയ്ക്ക് നാൽപ്പത് വെള്ളിച്ചുവടും തിരുനിവാസത്തിന്റെ പിൻവശത്ത് പടിഞ്ഞാറോട്ട് ആറ് പലക ഉണ്ടാക്കേണം തിരുനിവാസത്തിന്റെ രണ്ടുവശത്തുമുള്ള മൂലയ്ക്ക് ഈ രണ്ട് പലക ഉണ്ടാക്കണം അവ താഴെ ഇരട്ടിയായിരിക്കണം മേലറ്റത്തോ ഒന്നാം വളയം വരെ തമ്മിൽ ചേർന്ന് ഒറ്റയായിരിക്കണം രണ്ടിനും അങ്ങനെ തന്നെ വേണം അവ രണ്ടു മൂലയ്ക്കും ഇരിക്കണം ഇങ്ങനെ എട്ടു പലകയും അവയുടെ വെള്ളിച്ചുവട് ഒരു പലകയുടെ അടിയിൽ രണ്ടു ചുവട് മറ്റൊരു പലകയുടെ അടിയിൽ രണ്ട് ചുവട് ഇങ്ങനെ പതിനാറ് വെള്ളിച്ചുവടും വേണം ഖതിരമരം കൊണ്ട് അന്താഴങ്ങൾ ഉണ്ടാക്കേണം തിരുനിവാസത്തിന്റെ ഒരു ഭാഗത്തെ പലകയ്ക്ക് അഞ്ചന്താഴം തിരുനിവാസത്തിന്റെ മറുഭാഗത്തെ പലകയ്ക്ക് അഞ്ചന്താഴം തിരുനിവാസത്തിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് പിൻവശത്തെ പലകയ്ക്ക് അഞ്ചന്താഴം നടുവിലത്തെ അന്താഴം പലകയുടെ നടുവിൽ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തോളം ചെല്ലുന്നതായിരിക്കണം പലക പൊന്നുകൊണ്ട് പൊതികയും അന്താഴം ചെലുത്തുവാനുള്ള അവയുടെ വളയങ്ങൾ പൊന്നുകൊണ്ട് ഉണ്ടാക്കുകയും വേണം അന്താഴങ്ങൾ പൊന്നുകൊണ്ട് പൊതിയണം അങ്ങനെ പർവ്വതത്തിൽ വച്ച് കാണിച്ചു പ്രമാണപ്രകാരം നീ തിരുനിവാസം നിവർത്തേണം നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പുനൂൽ പിരിച്ച പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് ഒരു തിരശ്ശീല ഉണ്ടാക്കേണം നെയ്ത്തുകാരന്റെ ചിത്രപ്പണിയായ കെരൂപകളുള്ളതായി അതിനെ പൊന്നു പൊതിഞ്ഞതും പൊൻ കൊളുത്തുള്ളതും വെള്ളികൊണ്ടുള്ള നാല് ചുവടിന്മേൽ നിൽക്കുന്നതുമായ നാല് ഖതിര സ്തംഭങ്ങളിന്മേൽ അത് തൂക്കിയിടണം കൊളുത്തുകളിൽ തിരശ്ശീല തൂക്കി സാക്ഷ്യപ്പെട്ടകം തിരശീലയ്ക്കകത്ത് കൊണ്ടുചെന്ന് വെക്കണം തിരശീല വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്നതായിരിക്കണം അതിവിശുദ്ധ സ്ഥലത്ത് സാക്ഷ്യപ്പെട്ടകത്തിൻമീതെ കൃപാസനം വെക്കണം തിരശ്ശീലയുടെ പുറമെ മേശി മേശയ്ക്കെതിരെ തിരുനിവാസത്തിന്റെ തെക്കുഭാഗത്ത് നിലവിളക്കും വെക്കണം മേശ വടക്കു ഭാഗത്ത് വെക്കണം നിലനൂൽ തൂമ്രനൂൽ ചുവപ്പുനൂൽ പിരിച്ച പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തെയ്യൽപ്പണിയായ ഒരു മറയും കൂടാരത്തിന്റെ വാതിലിന് ഉണ്ടാക്കേണം മറശീലയ്ക്ക് ഖതിരമരം കൊണ്ട് അഞ്ചു തൂണുണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിയണം അവയുടെ കൊളുത്ത് പൊന്നുകൊണ്ട് ആയിരിക്കണം അവയ്ക്ക് താമ്രം കൊണ്ട് അഞ്ചു ചുവടും വർപ്പിക്കണം